ആ ധ്യാനമനം എങ്ങനെ ചെയ്യും അതാണ് ഇനി പറയാൻ പോണത് സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു മനസ്സുദിക്കുമ്പോഴാണ് പ്രപഞ്ചം തോന്നണത് മനസ്സടങ്ങുമ്പോൾ പ്രപഞ്ചമില്ല ശരീരമില്ല മനസ്സ് എന്ന് പറയുന്നത് തന്നെ ശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് അന്വയ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ വ്യതിരേകരൂപത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സ് നമുക്ക് വിഘ്നമാണ് അന്വയ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സ് ആ പരമേശ്വരൻ്റെ തന്നെ ശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് ഏതൊന്ന് നമുക്ക് സാധനാ ദശയിൽ കടക്കേണ്ടതായ ഒരു വിഗ്നമാണോ അത് തന്നെ സിദ്ധന്റെ ദശയിൽ ഭഗവാന്റെ തന്നെ രസാനുഭവ ശക്തികളുടെ ഒരു കലയായിട്ട് മാറും അപ്പൊ പറയണതൊക്കെ വല്ല ഫ്രഞ്ച് ഭാഷ മാതിരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല സാറില്ല ആസ്വദിച്ചോളാം വെറുതെ കേട്ടോള ആദ്യമൊക്കെ വിഘ്നമായി തോന്നണത് പിന്നീട് അതൊരു നമ്മൾ ഏത് സത്തിനെ കണ്ടുപോ അതിൻ്റെ തന്നെ ഒരു ആവിർഭാവമായിട്ടും അതിൻ്റെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടും കാണുമ്പോ അതിൽ നിന്നും നമുക്കൊരു ദോഷം ഉണ്ടാവില്ല അതാണ് ഇപ്പൊ പറഞ്ഞത് ഏതായാലും ഇതിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അനുഭവിയാതറിവില എന്നുള്ളത് ഓർമ്മിക്കാം നമുക്ക് മനനം തുടരും തോറും പതുക്കെ പതുക്കെ പതുക്കെ തെളിയും അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരും ഇതിനോടൊരു ഇതന്തവാ വാമയായും അമ്പത്തി മൂന്നോ അമ്പത്തൊന്നോ അമ്പത്തി ഒന്നാണ് അമ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് അറിവിലൊരു ഇരുന്നൊരു അഹന്തയാദ്യമുണ്ടായി നമ്മളുടെ സ്വരൂപത്തിലെ ആദ്യ പ്രഥമ വികാരം എന്ന് പറയുന്നത് ഈ അഹന്തയാണ് അഹന്ത മാത്രമായിട്ട് വരില്ല വാമ വാമ എന്ന് വെച്ചാൽ അതിൻ്റെ ഭാര്യയായിട്ട് എന്നുവെച്ചാൽ ഒരു കപ്പിൾ പോലെ ഒരു മിഥുനം പോലെ ഇതന്ത അതിൻ്റെ കൂടെ ഇതം എന്നുള്ളതും വരുമെന്നാണ് നമുക്ക് സ്വപ്നത്തിൽ കാണാം ഞാൻ സ്വപ്നം കാണുമ്പോൾ പ്രഭാഷണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ പ്രസംഗം ചെയ്യുന്ന ഒരാൾ ഒരു വശത്തും കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു വശത്തും സ്വപ്നത്തിന് പ്രത്യക്ഷപ്പെടും നിങ്ങളെയൊക്കെ സ്വപ്നത്തിൽ ഞാൻ കാണും വാസ്തവത്തിൽ ഞാനല്ലാതെ അവിടെ ഒരു സാമഗ്രിയില്ല ആ മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിൽ ആവിർഭവിക്കുന്ന ഒരു വിസ്മയമായ ഒരു ശക്തി ആ ശക്തി എന്ത് ചെയ്യണു ഒരു വശത്ത് എന്നെയും സൃഷ്ടിക്കുന്നു ഒരു വശത്ത് നിങ്ങളെയും സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ഒക്കെ രൂപത്തില് ഇരിക്കുകയും ചെയ്യും നിങ്ങൾ എന്തെന്ത് വസ്ത്രം ധരിച്ചിരിക്കുന്നു അതാത് വസ്ത്രം ധരിച്ച് ഈ ഹാള് ഇവിടുത്തെ ഫാന് ഇവിടുത്തെ കുരുവി ഇവിടുത്തെ മൈക്ക്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 अब व्याकूत्र अहतने उत्मुने उत्षस्त परमात्मे उदात्रश्य शव सिद्धांत ब्रह्मसूत्र श्रीकंडाष्यम अश्लोक आद्य श्लोकम आश्चर्य श्लोक शिव नमस्क എങ്ങനെയാ നമസ്കരിക്കണമെന്ന് വെച്ചാൽ നമോ അഹം പദാർത്ഥായ ലോകാന്നാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെൻ അഹം പദത്തിൻ്റെ ഉണ്മയായ ശിവനെ നമസ്കരിക്കുന്നു അഹം പദാർത്ഥം ആ അഹം പദാർത്ഥം അഹങ്കാരമല്ല അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവ് അഭിഭാവദർശനാത് അഹംപദത്തിന് ഉണ്മയായ സത്ത സുഷുപ്തിയിലും ഉണ്ട് അവിടെ അഹങ്കാരം ഇല്ലല്ലോ അതിന്റെ എസെൻസ് സുഷുപ്തി അവസ്ഥയിലും ഉള്ളതാണ് സുഷുപ്താവ് അഭിഭാവദർശനാത് അപ്പോ അഹന്ത ഉദിക്കുമ്പോ സ്വപ്നത്തിൽ നമ്മൾ കണ്ടു ഞാനെന്നുള്ള ആളും എനിക്ക് ഭോഗ്യമായ വിശ്വവും ഒരേ സമയത്തൊന്നും രക്ഷപ്പെടും രണ്ടും ഒരേ സ്ക്രീനിലാണ് നിൽക്കുന്നത് ഒരു സിനിമയില് അതിലെ ആക്ടറും അയാൾക്ക് ചുറ്റുമുള്ള ആളുകളുമൊക്കെ ഒരേ സ്ക്രീനിലാണ് നിൽക്കുന്നത് സിനിമയില് ആക്ടറും മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല അയാൾ മാത്രമായിട്ട് സിനിമ വിട്ട് നിൽക്കാൻ പറ്റില്ല അയാൾ അതിനകത്താണ് അതേപോലെ ഞാൻ എന്നുള്ള ഈ അഭിമാനവും എന്നാൽ അനുഭവപ്പെടുന്ന പ്രപഞ്ചമാണ് ഇതം എന്ന് പറഞ്ഞത് ഇത് രണ്ടും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് അസ്തമിക്കും പക്ഷേ ഇതമെന്ന് പറയുന്നത് നമ്മളുടെ പിടിയിലുള്ളതല്ല നമ്മളുടെ പിടിയിലുള്ളത് അഹം എന്നുള്ള പ്രഥമവികാരാണ് ആ പ്രഥമവികാരത്തിന് ചലനമാണ് വളരെ ആശ്ചര്യകരമായിട്ട് സകല ദുഃഖത്തിനും മൂലകാരണമായിട്ടിരിക്കുന്നതും അതാണ് അതിനെ തന്നെ ശ്രദ്ധിക്കാമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനും വഴിയാവും ഗുരുദേവൻ ഇവിടെ പറഞ്ഞു ഇതിലേഴും ആദിമശക്തി ഇങ്ങു കാണുന്നിതു സകലം പെറും ആദിബീജമാകും മതി അതിലാക്കി മറന്നിടാതെ മായാമതി അറുവാൻ മനനം തുടർന്നിടേണം ഈ വേദാന്ത മനനം എന്ന് പറയണത് സാധാരണ ഈ എല്ലാ സീക്രട്സും കുറെ കാലം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും ജ്ഞാനികൾ ഉദിക്കുമ്പോൾ ജ്ഞാനികൾ വരുമ്പോ അവർ ഈ മഴക്കാലത്ത് കുറുന്തോട്ടിയും മുളയ്ക്കണ പോലെയാണ് കീഴാർ നെല്ലിയും കുറുന്തോട്ടിയും മുളയ്ക്കണ പോലെയാണ് ഉത്തമജ്ഞാനികൾ അവരെ നമുക്ക് ജനിപ്പിക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നമ്മള് പറമ്പലിച്ചെന്ന് നോക്കിയാൽ കീഴാർ നെല്ലിയും കുറുന്തോട്ടിയും കാണുന്ന പോലെ അത് എങ്ങനെ ഇവിടെ വന്നു നമുക്കറിയാം അതവിടെ എവിടെ കിടന്ന് മുളയ്ക്കും അതുപോലെയാണ് ജ്ഞാനികളെ നമുക്കൊരു പരമ്പരയിൽ സൃഷ്ടിക്കാൻ പറ്റില്ല ജ്ഞാനികളിൽ നിന്നും ഒരു പരമ്പര ഉണ്ടാവും കാലം കഴിയുമ്പോൾ അസ്തമിച്ചു പിന്നെ അവിടെ ഒരിക്കലും നമ്മളുടെ ഈഗോവിന്റെ വരമ്പില് അധ്യാത്മികതയെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളതിനൊരു തെളിവാണത്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 ചെവിയിലൂടെ ചെന്ന് ഈ വാക്ക് പ്രത്യപജ്ഞയുണ്ടാക്കണം അതായത് മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ലാത്ത ചിത്തിന്റെ അനുഭവം ഈ ശരീരത്തിനകത്ത് അശരീരമായ പ്രജ്ഞ ഉണ്ടെന്നും ശരീരസമ്പർക്കമല്ലാത്ത ബോധമാണ് തൻ്റെ സ്വരൂപമെന്നും താൻ അതാണെന്നും ഉള്ള ചില ചില സ്ഫൂർത്തികള് ശ്രവണ സന്ദർഭത്തിൽ സാധനാ ചതുഷ്ടയെ സമ്പന്നനായ ആ ഉണ്ടാവണ സ്ഫൂർത്തിയെയാണ് ഇയാൾ മനനം ചെയ്യണത് അല്ലാതെ പറഞ്ഞ വാക്കുകളെയല്ല വാക്കുകളൊക്കെ നമുക്ക് പുസ്തകത്തുനിന്ന് കിട്ടും അത് ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല ഇന്റർനെറ്റ് പറഞ്ഞാൽ എന്ത് വേണേലും കിട്ടും വാക്കുകളെയല്ല ശബ്ദത്തിനെയല്ല പഠിക്കണത് ലക്ഷ്യാർത്ഥത്തിനെയാണ് ആ ലക്ഷ്യാർത്ഥമാണ് ആ ലക്ഷ്യാർത്ഥത്തിനെ ഗ്രഹിക്കാനാണ് ഇവിടെ ഒരു വഴി പറഞ്ഞത് ശക്തിയുടെ ആദ്യ ആവിർഭാവം ശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ശ്രദ്ധിക്ക ആദ്യ ഉദിക്കണത് എന്താ ഞാൻ ഇന്നവനാണ് എന്നുള്ള വ്യക്തി അഭിമാനമാണ് ആദ്യ ഉദിക്കണത് ഞാൻ എന്നുള്ളത് ഉദിച്ച ശേഷമേ നീ അവൻ എന്നുള്ളതൊക്കെ ഉദിക്കുള്ളൂ ഞാൻ എന്നുള്ളത് ഉദിച്ചിട്ടില്ലെങ്കിൽ മറ്റൊന്നും സാധ്യമല്ല ആദ്യം ഉദിക്കണ ഈ പ്രഥമവികാരം ഈ അഹം പ്രതീതിയാണ് അഹന്ത അതിൻ്റെ കൂടെ ഇതെന്താ വരണമെന്ന് പറഞ്ഞ ഈ അഹന്തയെ ആദ്യ ആദ്യത്തെ വിത്ത് ആ ആദ്യ ഈ പ്രഥമവികാരത്തിൻ്റെ ചലനം ശക്തിയുടെ ആദ്യ ചലനമാണത് മനസ്സ് എന്ന് പറയുന്നത് ഈ അഹങ്കാരത്തിൽ നിന്നാണോ ഉണ്ടാവുന്നത് അഹംവൃത്തിയിൽ നിന്നും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 ുള്ള നില അത് എന്നെ പറഞ്ഞോളൂ ഏതൊന്നും ഒന്നും പേരൊന്നും പറഞ്ഞില്ല നാൻ ഉദിയാതുള്ള നില നാം അതുവായുള്ള നില ആ അതെങ്ങനെ വരും നാനുദിക്കും സ്ഥാനമതൈ നാടാമൽ നാനുതിയ തന്നിഴപ്പൈ ചാർവദേവൻ ഈ ഞാൻ എന്നുള്ള വികാരം എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്ക അതെപ്പോ ചലിക്കണമോ എപ്പൊ സ്പന്ദിക്കണമോ ശ്രദ്ധിക്ക ആ പിടിവിടാതിരിക്കാന്ന് ആ പിടി വിട്ട് കഴിഞ്ഞാൽ ശൂന്യതാ പ്രതീതി ഒക്കെ ഉണ്ടാവും ആ പിടിവിടാതിരിക്ക എന്തെങ്കിലുമൊക്കെ വിഷമം ദുഃഖമൊക്കെ വരുമ്പോ പുറമേക്ക് പരിഹരിക്കുന്നതിന് പകരം അകമയ്ക്ക് ഈ ദുഃഖം ആർക്കു വരണു എന്ന് ദുഃഖത്തിന്റെ മൂല ചോദ്യം ചെയ്യ ആർക്കാ ദുഃഖം ആർക്കാ വിഷമം എനിക്ക് ഈ ഞാനാര ഈ ഞാൻ എന്താ ഈ ദുഃഖം അനുഭവിക്കുന്ന അഹം അഹം എന്നുള്ള ഈ ചലനം എന്താ ആരായുകിൽ ആരാഞ്ഞ് നോക്കുമ്പോ അകലും അഹന്ത എന്ന ക്ഷണത്തില് അഹന്ത അകലും കയറില് പാമ്പ് കണ്ടു എത്ര നേരം കാണും നോക്കണവരെ ശ്രദ്ധിച്ചു എന്ന് നോക്കിയാ പാമ്പില്ല അതേപോലെ ഈ ഞാൻ എന്നുള്ള ജീവാഹന്ത കല്പനയാണ് പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവും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 അല്ലെങ്കിൽ മനസ്സിലാവേണ്ടതെന്ന് പറയും അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും ഇതൊക്കെ ചിജട ഗ്രന്ഥിയുടെയാണ് ഉറക്കമും വിക്ഷേപമും ഒക്കെ ആ ചിത്തവൃത്തിയുടെ ഈ ഗ്രന്ഥിയുടെയാണ് അഹങ്കൃതി ഉള്ളവരെ നമുക്ക് ഉറക്കവും ഉണ്ടാവും ജാഗ്രത ഉണ്ടാവും ചിത്തവൃത്തികളും രാഗദ്വേഷങ്ങളും ഈ രാഗദ്വേഷങ്ങൾക്കും ചിത്തവൃത്തികൾക്കും മൂലമായിട്ടുള്ള മൂലസ്പന്ദനമാണ് ഈ ഞാൻ ഈ പ്രഥമ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 ആ പൾസേഷനാണ് മനസ്സ് മുഴുവൻ കണ്ടെൻസ്ഡ് ആയിട്ട് പൾസേറ്റ് ചെയ്യും എപ്പോന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ ഞാൻ നിന്ദിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് പോകൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനും ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് ഒരു സെൻറ്റേർഡ് പൾസേഷൻ ആയിരിക്കും എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു പിന്നെയാണ് അത് വ്യാഖ്യാനിക്കുക പതുക്കെ മനോമണ്ഡലത്തിൽ ആദ്യം ഒരു എരിച്ചൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെയാണ് എന്നെ ചീത്ത പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്നെ അവർ ഇൻവിറ്റേഷൻ തന്നിട്ടാണ് ഞാൻ വന്നിരിക്കണത് ഒക്കെ പിന്നെ പറയും ആദ്യം പറയണത് ഒരു സ്പന്ദനം മാത്രാണ് പ്രഥമവികാര സ്പന്ദനാണത് ആ പ്രഥമവികാര സ്പന്ദനത്തിന് ഈ സ്പന്ദനത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ ഈ അഹമഹം എന്ന് പറയണത് എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ വിചാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധയാണ് ശ്രദ്ധാ പ്രധാനമാണത് ശ്രദ്ധിക്കുമ്പോൾ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 അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം ഇതിനില്ല വാദമേതും അറിവിനെ വിട്ടത് ഞാനുമില്ല ഞാൻ എന്നുള്ളത് ഉദിച്ച് നീ അവനൊക്കെ വന്നു സമാധി പദ്ധതി സമാധി നിർവികൽപ സമാധി പരിശീലന പ്രകരണം അത് പറഞ്ഞു തുടങ്ങുമ്പോ അതിന് മുമ്പ് പറയണത് ത്വം അഹം ഇതം ഇതീയം കൽപ്പനാ ബുദ്ധിദോഷാത് प्रभवति परमात्मनी अद्वये प्रभवती परमा अदर्विक प्रवि सर्व विकल विलयन मुपगछे वस्तुतत्वावध्या सी वस्तुतवावधष्टि पर योगवासी तत्वात्म बोध एवै സർവാശാതൃണപാപക പ്രോക്തസമാധി ശബ്ദേനു തൂഷ്ണീം അവസ്ഥിതി എന്ന് സമാധിക്ക് തത്വബോധം തന്നെയാണ് സമാധി എന്നാണ് അത് വരവും പോക്കും ഇല്ലാത്ത സമാധിയാണ് അത് ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ സമ്പർക്കമില്ലാതെ ഉള്ള സമാധിയാണത് അത് പ്രത്യഭിജ്ഞാബോധാണ് ഇവിടെയും വിവേക ചൂടാമണിയിൽ പറഞ്ഞു ആചാര്യസ്വാമികൾ ത്വം അഹം ഇതം ഇതീയം നീ ഞാൻ അവൻ അത് ഇത് എന്നുള്ള ഈ പ്രത്യയങ്ങളൊക്കെ തന്നെ ബുദ്ധിദോഷാത് പരമാത്മനി പ്രഭവതി സിനിമ സ്ക്രീനിൽ സിനിമ വരണ പോലെ ഈ കേവലമായ ചിത്തിലെ ചൈതന്യത്തിലെ ഒരു അലതല്ലാണ് ആ അലയില് ഒന്ന് ഞാൻ എന്ന് പറയണു ഒന്ന് നീ എന്ന് പറയണു ഒന്ന് അവൻ എന്ന് പറയണു ഇത് ചലനം മാത്രമാണ് ഈ ചലനത്തിനാണ് വികല്പം എന്ന് പറഞ്ഞത്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 അതു അറിയുകയും അറിവിനെ വിട്ടത ഞാനുമില്ല എന്നെ പിരിയുക അറിവും പ്രകാശമാത്രം അറിവറിയുന്നവനെന്നു രണ്ടു മോർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേതും ആ പൊരുളിനെ അറിഞ്ഞു കഴിയുമ്പോ ഞാൻ നീ അവനൊന്നുമില്ല നോക്കണം ഭക്തിമാർഗത്തിലൂടെ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഭക്തി ഞാനുമൊക്കെ കൂടിച്ചേരണത് ജ്ഞാനം എന്ന് പറയുന്നത്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 എന്തൊരു സത്തയുണ്ടോ അസ്തിവമുണ്ടോ ബോധമുണ്ടോ അതിനെ നിങ്ങൾ ഭഗവാൻ എന്ന് വിളിച്ചോളൂ ആത്മാവെന്ന് വിളിച്ചോളൂ ബ്രഹ്മമെന്ന് വിളിച്ചോളൂ പേരിലെ വ്യത്യാസമുള്ളൂ വസ്തു എന്നാണ് വദന്തിതത്വവിദാ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേത്തി ഭഗവാനിത്തി ശബ്ദത്തെ എന്ന് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ശബ്ദത്തെ ഗീരുമാത്രം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 എപ്പോഴും നമ്മൾ അറിയാതെ ജപിക്കുന്ന ഒരു മന്ത്രാണ് അനുസ്യൂതമുള്ള ജപമാണ് ഞാൻ ഞാൻ ഞാൻ എന്നുള്ളത് ബൃഹധാരണിക ഉപനിഷത്തിൽ പറഞ്ഞു നമ്മൾ പല നാമവും ജപിക്കണ്ടല്ലോ ആദ്യം ആവിർഭവിച്ച നാമാണത് അഹം നാമാഭവത്ത് ബ്രഹ്മം തന്നെ സ്വയം അഹം എന്ന് പറഞ്ഞു അതൊരു ഒരു ഇവല്യൂഷൻ നമ്മൾക്ക് സമ്മതിക്കാമെങ്കിൽ ഇവല്യൂഷണറി പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രകൃതിയിലുണ്ടല്ലോ സത്തയിലില്ല അവിടെ ഒരു വലിയ കാര്യമാണ് ജഡത്തിനൊന്നും അതില്ല മനുഷ്യനിൽ വരുമ്പോഴാണ് ആദ്യം പറയണത് അതും കുട്ടികളിൽ ശ്രദ്ധിച്ചാൽ കാണാം കുട്ടികള് കുറെ കഴിഞ്ഞിട്ടാണ് ആ മാജിക്ക് വാക്ക് പഠിക്കണത് അതുവരെ കുട്ടികള് ഞാൻ ഹരി ഹരിയുടെയാണ് ഈ കളിപ്പാട്ടം എന്നൊക്കെ പറയും ആദ്യം അവർക്ക് നിശ്ചന്തന ഉണ്ടാവില്ലേ എങ്ങനെയാണ് വേർപിരിക്കേണ്ടത് പതുക്കെ പതുക്കെ പതുക്കാണ് മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് തൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് അവർക്ക് അറിയാം തൻ്റെ വ്യക്തിത്വം അതിന് എന്ത് പേര് കൊടുക്കണമെന്ന് അറിയില്ല എന്നിട്ടാണ് ഭാഷയിൽ ആ പേര് പഠിക്കണത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം അവർക്കറിയാം അല്ലേ ഒന്ന് ഒന്ന് അതൊന്ന് വിസ്മയത്തോടൊന്ന് ചിന്തിക്കൂ ഞാൻ എന്ന് പറഞ്ഞോടേ ഉള്ളിലുള്ള തൻ്റെ പ്രഥമ വികാരത്തിനോട് ബന്ധപ്പെടുത്തി ഞാനിന്ന് മലയാളത്തിൽ പറയണു തമിഴിൽ നാന്നു പറയും ഹിന്ദിയിൽ മേ എന്ന് പറയും ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും അത് ഭാഷയാണ് പക്ഷെ അതുകൊണ്ട് അർത്ഥമാക്കുന്നതിനാണ് നമ്മൾ ലക്ഷ്യാർത്ഥം എന്ന് പറഞ്ഞത് അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു സ്പന്ദനം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 ഭ്രേതാരണിക ഉപനിഷത്തില് അല്ല ബ്രഹ്മസൂത്രത്തില് ഉഭയലിംഗാധികരണം എന്ന് പറഞ്ഞിട്ട് ഒരു അധികരണുണ്ട് അവിടെ ബാധ്വൻ എന്ന് പറയുന്ന ശിഷ്യൻ ഭാഷ്കലി എന്ന ആചാര്യന്റെ അടുത്ത് ചേർന്നിട്ട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂന്ന് പറയുന്നു ഗുരു ഒന്നും പറഞ്ഞില്ല ഒരു വർഷം കൂടെ താമസിച്ചു അപ്പോഴും ഒന്നും മിണ്ടിയില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ശിഷ്യൻ ചോദിച്ചു എനിക്ക് അവിടുന്ന് ഉപദേശിച്ചില്ലല്ലോ ഇത്രകാലം ഞാൻ കൂടെ താമസിച്ചുവല്ലോന്ന് അപ്പൊ ഗുരു പറഞ്ഞു ഞാൻ നിരന്തരം ഉപദേശിക്കായിരുന്നു ഇടതടവില്ലാതെ ഉപദേശിക്കുകയായിരുന്നു നീ മനസ്സിലാക്കിയില്ല ഭ്രൂമഹലു ത്വം തുണ വിജാനാസി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കയായിരുന്നു അൺഇന്റപ്റ്റഡ് അലക്വൻസ് ആയിരുന്നു വാക്കുപയോഗിച്ചാലെങ്കിലും ആരംഭിക്കുകയും അസ്തമിക്കുകയും ചെയ്യും ഇത് ആരംഭമോ അസ്തമനമോ ഇല്ലാതെ നിനക്ക് ഞാൻ ബ്രഹ്മോപദേശം ചെയ്യായിരുന്നു നീ ഗ്രഹിച്ചില്ല അവചനേനൈവ ബ്രഹ്മപ്രോവാചന പറയാതെ പറഞ്ഞു എന്നാണ് പക്ഷെ ഈ പറയാതെ പറയുമ്പോൾ അറിയണവർ മനസ്സിലാക്കും ബാക്കിയുള്ളവർ അവർക്ക് തോന്നിയത് പറയും അല്ലേ അതാണ് ബുദ്ധമതത്തിൽ ഉണ്ടായത് അനാത്മവാദമെന്നും ശൂന്യവാദമെന്നും ഹീനയാനം എന്നും മഹായാനമെന്നും ഒക്കെ പിരിച്ചു അത് നിവൃത്തിയില്ല ബുദ്ധൻ അനാത്മ എന്ന് പറഞ്ഞത് ഈ അഭിമാനത്തിനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് സ്വരൂപത്തിനെ ഉദ്ദേശിച്ചല്ല ആ വാക്ക് ശ്രുതി തന്നെ വരുന്നുണ്ട് തൈത്രിയോപനിഷത്തെ തന്നെ വരുന്നുണ്ട്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 ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതാണ് പറഞ്ഞു കൊടുത്തത് സുപ്തേഷു ജാ യസ്സുപ്തേഷു ജാഗർ കാമം കാമം പുരുഷോ നിർമ്മിമാണ തുക്രം തദ് തടവ അമൃതമുച്ച തസ്മ ലോക അത്യേതി കശന ഏതദ്വൈ ത നീ ചോദിക്കുന്ന വസ്തു ഉണ്ടല്ലോ കുട്ടി ഇത് തന്നെയാ നീ അതാണ് ശ്രദ്ധിക്കോടെ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 भक्ति मार्ग मे मा भगवानु यावड़ेवे अहंकार उदिको अ ओर अवड़े यान भगवानू या भगवाना भगवानी अन् वास्तवल भगवान या अर्पय सकान മനസ്സിനെ തന്നെ അർപ്പിക്കാണ് മനസ്സിനെ അർപ്പിച്ച പിന്നൊന്നും അർപ്പിക്കാനില്ലല്ലോ ഭവതു ഭവതർത്ഥം മമമന മനമലർ കൊയ്ത്തു മഹേഷ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട ആ മനസ്സാകുന്ന മലര് അവിടെ അർപ്പണം ചെയ്യാണ് അങ്ങട് അർപ്പണം ചെയ്ത് കഴിഞ്ഞാ പിന്നൊന്നും ചെയ്യാനില്ല നമ്മളെ അങ്ങോട്ട് അർപ്പിച്ചു യാഗം ചെയ്യാണ് സവനം എന്ന് പറഞ്ഞു വേദത്തില് മഹാനാരായണത്തിൽ വരുന്ന ഭാഗാണ്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 സ്വരൂപത്തിൽ അർപ്പണം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഹാവു ഹാവു